ആറു ദിനങ്ങളിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും പിന്നീട് അർഷിൽ സ്ഥാപിതനാവുകയും ചെയ്തവൻ അവനാണ് ഭൂമിയിലേക്കിറങ്ങുന്നതും അതിൽ നിന്ന് പുറത്തുവരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്കുയരുന്നതും അവൻ അറിയുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അല്ലാഹുസുബാനഹുവത്ത് ആല എല്ലാം കാണുന്നവനാണ്